നൂഹലഹിസ്ലാമിന്റെയും ആദിന്റെയും സമൂദും ഇബ്രാഹിം അലിഹിസ്ലാമിന്റെ ജനതയും മദ്യനിലെ ആളുകളും മലിച്ചുപോയ നഗരങ്ങളിലുള്ളവരുമുൾപ്പെടെ തങ്ങൾക്കു മുമ്പുള്ളവരുടെ വാർത്ത അവർക്കെത്തിച്ചിരമ കണ്ടേ അവരുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നു അള്ളാഹു സുബാനഹുവായ അവരോട് അനീതി കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല മറിച്ച് അവർ സ്വന്തം ശരീരത്തോടാണ് അനീതി കാണിച്ചത്